മരിച്ചു കിടക്കുന്ന കൗരവരെയൊക്കെ കാണിക്കാനായിട്ട് ഗാന്ധാരിയെ യുദ്ധഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഗാന്ധാരി സ്വയം കണ്ണ് കെട്ടിയിട്ട് യുദ്ധഭൂമിയിലേക്ക് വരുന്നു ഗാന്ധാരിയെ കണ്ടതും ധർമ്മപുത്രർക്ക് ഗാന്ധാരിയമ്മ ചെന്ന് നമസ്കരിക്കണമെന്ന ആഗ്രഹം ധർമ്മപുത്ര ഭഗവാനോട് പറഞ്ഞു ഭഗവാനെ ഞാനിതാ ഗാന്ധാരി ഒന്ന് പോയി നമസ്കരിച്ചിട്ട് വരാം ഭഗവാൻ പറഞ്ഞു നിൽക്കുക ഞാൻ ആദ്യം പോവാം കൃഷ്ണൻ ചെന്ന് ഗാന്ധാരിയുടെ കൈപിടിച്ചു ആരാണ് ചോദിച്ചു ഗാന്ധാരി കാലടി ശബ്ദം കേട്ടപ്പോ തന്നെ ഈ കണ്ണ് കാണില്ലെങ്കിൽ നടക്കുന്നത് കണ്ടാൽ അറിയാം ശബ്ദം കേട്ടവർ മനസ്സിലാക്കും പലരും ഇന്ന ആളാണ് അതൊരു സിദ്ധി പോലെ ഗാന്ധാരി ചോദിച്ചു ആരാ വാസുദേവ കൃഷ്ണൻ അപ്പൊ തന്നെ അരിശം കയറി ഗാന്ധാരിക്ക് ഓരോ മക്കളെ ആയിട്ട് കാണിച്ചു കൊടുത്തു ഗാന്ധാരിക്ക് ഇതാ ദുര്യോധനൻ കിടക്കുന്നു ഭഗവാൻ വേണമെന്ന് വെച്ച് വർണ്ണിച്ചു കൊടുത്തു ഇതാ തുടക്ക അടി ദുര്യോധനൻ ഇതാ മരിച്ചു കിടക്കുന്നു ദുശാസനന്റെ നെഞ്ചു പിളർന്ന് രക്തം കുടിച്ചു ഇതാ ദുശാസനൻ കിടക്കുന്നു ഇങ്ങനെ ഓരോരുത്തരെയായി കഴിച്ചുകൊണ്ടി കാണിച്ചു നൂറുപേരും കഴിഞ്ഞു അഭിമന്യുവിനെ കാണിച്ചു കൊടുത്തതും ഗാന്ധാരി അടക്കി വെച്ചിരിക്കുന്ന അരിശം മുഴുവൻ പുറത്തേക്ക് പൊട്ടി ഹേ വാസുദേവകൃഷ്ണ ഈ യുദ്ധത്തിന് മുഴുവൻ നീയാണ് കാരണം ശാന്തിദൂതൻ എന്ന പോലെ നടിച്ചുകൊണ്ടുവന്നു പക്ഷേ നീ കപടനാടക സൂത്രധാരി നീ തന്നെ എല്ലാത്തിനും പുറകില് ഈ അഭിമന്യുവിനെ എങ്കിലും പാണ്ഡവർക്കും കൗരവന്മാർക്കുമായിട്ട് ഒരു കുഞ്ഞ് അവശേഷിപ്പിക്കാമായിരുന്നു അത് ചെയ്തില്ലല്ലോ തന്നെ ഞാനിതാ ശപിക്കുന്നു എന്നൊക്കെ മുപ്പത്തിയാറ് വർഷം തികയുമ്പോൾ ഇതേപോലെ യാദവന്മാർ പരസ്പരം തല്ലി മരിക്കും ഇന്ന് ഗാന്ധാരി ശപിച്ചു ആ ശാപം കേട്ട് ദിഗ്ദേവതകളും ലോകത്തിലുള്ളവരും മുഴുവൻ ഞെട്ടി വറച്ചു ഭഗവാൻ ഉറക്കെ ചിരിച്ചു ശപിക്കുന്നതും ശപിക്കാൻ വയ്ക്കുന്നതും ഞാൻ തന്നെ കരണം കാരണം കർത്ത വികർത്ത ഗഹനോ ഗുഹ ഭഗവാൻ ചിരിച്ചു അത്രയും ഈ ശപിക്കാൻ ശാപത്തിന് ഏർപ്പാടാക്കി ഗാന്ധാരി ശപിച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ ധർമ്മപുത്രരോട് പറഞ്ഞു യുധിഷ്ഠരാ നീ വന്നോളാ ഈ ദൈനാമോ കാലിയായി കഴിഞ്ഞു അല്ലെങ്കിൽ ഇത് തന്റെ മേലെ അങ്ങടെ ഏൽക്കുമായിരുന്നു വന്നോളാ എന്നാണ് ഇനിയും കൂട്ടിക്കൊണ്ടു ഇത് ആദ്യത്തെ കാരണം രണ്ടാമത്തത് കുറെ ഋഷികൾ ദ്വാരകയിലേക്ക് ഭഗവാനെ കാണാനായിട്ട് വന്നു മഹാത്മാക്കളെ പരിഹസിക്കുക എന്നുള്ളത് ചിലരുടെ സ്വഭാവമാണ് ആ സ്വഭാവം ഏറ്റവും സ്ഥൂലമാണ് ബുദ്ധികൾക്കുള്ള സ്വഭാവം സിനിസിസം അത് യാദവ പിള്ളേരുടെ തലയിലും കയറി യാവി സർവഭൂതേഷു ബുദ്ധി രൂപേണ സംസ്ഥിത വിനാശകാല വിപരീത ബുദ്ധി എന്നുള്ള ചൊല്ലു തന്നെ ഒരുപക്ഷെ അതൊന്ന് വന്നതായിരിക്കും യാദവ അതും ഭഗവാന്റെ തന്നെ പുത്രൻ സാമ്പൻ ജാമ്പവതിയിൽ ജനിച്ച സാമ്പന് പെൺവേഷം കെട്ടിച്ച് ഗർഭിണിയെ പോലെ വേഷം കെട്ടിച്ച് ഈ ഋഷികളുടെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ചോദിച്ചു ഇവൾ ഗർഭിണിയാണ് ഇവൾ ആൺകുട്ടിയെ പ്രസവിക്കോ പെൺകുട്ടിയെ പ്രസവിക്കോ അവര് കോപിച്ചു നിങ്ങൾക്ക് വിനാശത്തിനുള്ള കാലം അടുത്തിരിക്കണോ അതുകൊണ്ടാണ് ഇങ്ങനെ വിപരീത ബുദ്ധി ഇതാ ഇവൾ ഇരുമ്പൊലയ്ക്കയെ പ്രസവിക്കും ആ ഇരുമ്പുലയ്ക്ക കുലനാശത്തിന് കാരണമായിട്ട് തീരും മുസലം കുലനാശനം ആ ശാപം വീണു വയറ് തുറന്നു നോക്കിയാൽ ഇരുമ്പൊലയ്ക്കിട്ടി എന്നാൽ ശരി അത് വിധി നടക്കേണ്ടത് ഭവിതവ്യം എന്ന് ഏറ്റാൽ വേണ്ടല്ലേ അത് മുഴുവൻ പൊടിച്ച് പൊടിയാക്കി വെള്ളത്തിൽ കലക്കി ഒരു കഷ്ണം ബാക്കി വന്നത് വലിച്ചെറിയുകയും ചെയ്തു അതൊരു മീൻ വിഴുങ്ങി ീ സമുദ്രത്തിൽ കലക്കിയ പൊടി ഓരോന്നും കരക്കടിഞ്ഞ് ഏരക പുല്ലുകളായിട്ട് വിചിത്രമായ ആയുധം പോലെ മുളച്ചു നിന്നു നമുക്ക് നമ്മളുടെ പ്രാരബം എന്തൊക്കെ വരാനുണ്ടോ അതിൽ ഒരു പൊടി പോലും ബാക്കി നിൽക്കാതെ വരും നിങ്ങൾ എന്ത് സൂത്രപ്പണി വേണമെങ്കിൽ കാണിച്ചോടുക അത് വേറെ വിധത്തിൽ വന്ന് നിൽക്കും വേണ്ട വയ്ക്കാൻ ആർക്കും സാധ്യമല്ല ഒരു കഷ്ണം ബാക്കി വന്നത് മീൻ വിഴുങ്ങി ആ മീനിനെ ഒരു മുക്കുവൻ പിടിച്ചു മീനിന്റെ വയറ്റിന് ഈ കഷ്ണ ഇരുമ്പ് കിട്ടി അത് തന്റെ അടുത്തുള്ള ഒരു കൊല്ലന് കൊടുത്തു അയാൾ ഒരു അമ്പുണ്ടാക്കാൻ ഒരു പടയാളി കൊണ്ട് ഒരു അമ്പുണ്ടാക്കാൻ കൊണ്ടുവന്നപ്പോൾ അമ്പിലെ ശല്യമായിട്ട് ആ ഇരുമ്പ് ഒപ്പിച്ചു ശല്യം എന്ന് വെച്ചാൽ ഉള്ളിൽ തിറച്ചു കഴിഞ്ഞാൽ വലിച്ചെടുക്കാനുള്ളത് അമ്പിൽ ഒപ്പിച്ചു കൊടുത്തു ഇങ്ങനെ എല്ലാം തയ്യാറായി ഭഗവാൻ മനസ്സിലായി ആ ഇനിയിപ്പോ നമ്മളുടെ ഈ പണി പൂർത്തിയാക്കാൻ വേണ്ടതൊക്കെ ആയക്കേണ്ട ഇനി നമുക്ക് ഇവരെ കൂട്ടിക്കൊണ്ടു പോവുകയേ വേണ്ടു യാദവന്മാരെ പ്രഭാസ തീർത്ഥത്തിലേക്ക് സമുദ്രതീരത്തിലേക്ക് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോകാൻ തയ്യാറായി യാദവന്മാരൊക്കെ കാലം വളരെ മോശമാണ് ആരും മധുരാപാനം ചെയ്യരുത് എന്നൊക്കെ ചട്ടം കെട്ടിയിരുന്നു തിൻകണക്കിന് എടുത്തു വെച്ചാണോ വണ്ടിയിൽ ഒന്നും പറഞ്ഞാൽ കേൾക്കില്ല എന്നർത്ഥം സമയാവുമ്പോ ഒന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല അപ്പോ ഉദ്ധവർ പരമഭക്തനായ ഉദ്ധവർ ഭഗവാന്റെ ഭാവം കണ്ടാൽ തന്നെ ഉദ്ധവർക്ക് മനസ്സിലാവും ഉദ്ധവർ ചെന്ന് ഭഗവാനെ നമസ്കരിച്ചു േശയോഗേശ പുണ്യശ്രവണ കീർത്തനാം സംഹൃത്തെ തത്കുലം നൂനം ലോകം സത്യക്ഷതേ ഭവാന് ഹേ ദേവേശ ഹേ പ്രഭു അവിടുന്ന് ഈ ലോകത്തിനെ വിട്ടു തീരുമാനിച്ചിരിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു അവതാരം കരുണയെ സ്വരൂപമായ ഒരു അവതാരം ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും സംവദിക്കുമ്പോഴും എല്ലാ സമയത്തും ഞാൻ കൂടെയുണ്ട് ആസീന സംബിഷന് സദാശയാ ശയാസന അടനസ്ഥാന സ്നാന ഭോജനാദിഷു എല്ലാം കൂടെ ക്രീഡശനാദിഷു കഥം ത്വാം പ്രിയമാത്മാനം വയം ഭക്ത തൃജയമഹി കൃഷ്ണൻ ഉണ്ണുമ്പോൾ ഉദ്ധവരുടെ കൂടെ ഉണ്ട് കൃഷ്ണൻ ഉറങ്ങുമ്പോൾ ഉദ്ധവർ അടുത്ത് കിടപ്പുണ്ട് പ്രൈവസിയേ ഇല്ല എന്നർത്ഥം ഭഗവാൻ എപ്പോഴും കൂടെ ഉദ്ധവരുണ്ട് ഭക്തൻ എപ്പോഴും കൂടെ ഉണ്ടെന്ന അർത്ഥം രമണ മഹർഷിയുടെ ജീവിതം അങ്ങനെയായി ഇരുപത്തിനാല് മണിക്കൂറും ആളുകൾ കൂടെ ആ വാതിൽ രാത്രിയും പകലും തുറന്നു വെച്ചിട്ടുണ്ടാവും സദാസമയം കട്ടിലുടെ ചുവട്ടിൽ ആൾ കിടക്കണുണ്ടാവും തനിയെ ഇരിക്കുക എന്നാലോ എപ്പോഴും തനിയാണ് എല്ലാവരുടെ നടുവിലാണെങ്കിലും തനിച്ചാണ് ഏകാന്തത്തിലാണെന്നർത്ഥം ആ ഏകാന്തതയ്ക്ക് ഭഞ്ജനമേയില്ല ആളുകളുടെ നടുവിലും ജനക്കൂട്ടത്തിന് നടുവിലും തനിച്ചാണ് ഭഗവാൻ എപ്പോഴും ഉദ്ധവർ കൂടെ ഉണ്ടെന്നാ പറയുന്നത് ഉറങ്ങുമ്പോൾ നടക്കുമ്പോൾ ഉണ്ണുമ്പോ സമുദ്രസ്ഥാനത്തിന് പോകുമ്പോൾ അങ്ങനെയുള്ള എനിക്ക് അങ്ങേ പിരിഞ്ഞിരിക്കാൻ ഒക്കോ അവിടുത്തെ പിരിഞ്ഞ് ഞാൻ എങ്ങനെ ഇരിക്കും നാഹം തവാങ് കമതം തും സമുസുഖേനാഥ സ്വധാമനയമാമപി അവിടുന്ന് എങ്ങോട്ടാണോ പോണത് ഭഗവാനെ എന്നെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോവുക തവ വിക്രീഡിതം കൃഷ്ണ നൃളാം പരമമംഗളം കർണീയൂഷം ആസ്വാദ്യജതി അന്യസ്പൃഹാം ജന ഭഗവത് ലീലകളെ കേട്ട ആസ്വദിച്ച സംസാരവ്യാധികളൊക്കെ വിട്ടുപോയി വിഷയ രസമൊക്കെ വിട്ടുപോയി എത്രയോ പേര് യഥികളായിട്ട് നടക്കുന്നു അധികം വിഷമമില്ലാതെ തന്നെ ഭഗവത് സംഘം കൊണ്ടും ഭഗവത് ലീലാശ്രമണം കൊണ്ടും എത്രയോ പേർ വിമുക്തരായിട്ട് നടക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഋഷികളൊക്കെ വാതരസനായ മുനയ ശ്രമണ ഊർധ്വമന്തിന ബ്രഹ്മാക്യം ധാമത്തെ എത്രയോ സന്യാസികൾ വായുഭക്ഷണം കഴിച്ച് കുലകുണ്ടലിനിയെ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാർഥത്തിലേക്ക് ഉയർത്തി വിഷമിച്ച് ബ്രഹ്മചര്യാദി കഠിന വ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് തപസ്സ് ചെയ്യുമ്പോൾ ഞങ്ങളിതാ സാധാരണ വയം ഭക്താഹ ഭക്തന്മാരായി ഞങ്ങൾ കൂടെ നടന്ന് ഉച്ചിഷ്ട ഭോജനോ ദാസാഹ അവിടുന്ന് ഭക്ഷിച്ചും വയ്ക്കുന്ന ഉച്ചിഷ്ടം യഥാർത്ഥത്തിൽ ഉച്ചിഷ്ടം എന്താണ് ഉച്ചിഷ്ട ഭോജനം എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ പ്രാമുഖ്യം കൊടുത്തിട്ടേ നോർത്ത് ഇന്ത്യയിൽ പോയാൽ ചില ഗുരുക്കന്മാരെ കൊണ്ട് അവരുടെ ഉച്ചിഷ്ടം ഇങ്ങനെ കൊടുക്കും ശിഷ്യന്മാർക്ക് എന്താ ശിഷ്യന്മാർ വിചാരിക്കുകയാണെങ്കിൽ ഈ ഉച്ചിഷ്ടം കഴിച്ചാൽ ഇപ്പോൾ ഉദ്ധവർ പറഞ്ഞ പോലെ ഭക്തി വരും എന്നാണ് അതൊരു സൂത്രമോ ടെക്നിക്കോ അല്ല ആ ഭാവമാണ് മുഖ്യം രമണ മഹർഷി അറിയാതെ മഹർഷി ആദ്യമൊക്കെ ഭോജനം കഴിച്ചു കഴിഞ്ഞാൽ ആ ഉച്ചിഷ്ട ആളുകൾ പറക്കിക്കൊണ്ട് പോകും കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം തീരുമാനം ഒരു വ വറ്റുപോലും ബാക്കി വെക്കില്ല അല്ലേലും എന്നുവെച്ചാൽ അത് ഊണ് കഴിച്ച ഇലയാണെന്ന് അറിയില്ല ഒരു ദിവസം ഒരു ഭക്ത അടുത്ത് നിന്നിട്ട് പറഞ്ഞു സ്വാമി എനിക്കിത്ര ഉച്ചിഷ്ടം വേണം ഓ ഉച്ചിഷ്ടം എന്തിനാ ഉച്ചിഷ്ടം പ്രസാദമായിട്ട് ഞാൻ ഊണ് കഴിച്ചിട്ട് ബാക്കി തന്നാൽ ഉച്ചിഷ്ടമാവുന്നാണോ വിചാരം നീ ഊണ് കഴിക്കുമ്പോ ഞാൻ കഴിക്കണു ഞാനാണ് കഴിക്കണത് എന്നുള്ള കഴിച്ചാൽ അത് പ്രസാദമായിക്കൊള്ളും ഉച്ചിഷ്ട നമ്മളുടെ അഹങ്കാരത്തിനെ ഒന്ന് മെരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭാവങ്ങളൊക്കെ ഉച്ചിഷ്ട ഭോജിനോ ദാസാഹ ഞാൻ അവിടുത്തെ ദാസനാണ് തപമായാം ജയേമ ഹീ ഭഗവാന്റെ സാന്നിധ്യ പ്രാബല്യം സദ്ഗുരുവിന്റെ സാന്നിധ്യത്തിൽ അഥവാ ഭഗവത് സാന്നിധ്യത്തിൽ നമ്മളുടെ അഹങ്കാരം അടങ്ങിയിരിക്കും നമ്മൾ പ്രയത്നം ചെയ്യാതെ അഹങ്കാരത്തിനെ അടക്കാനൊന്നും ശ്രമിക്കാതെ തന്നെ അടങ്ങിയിരിക്കും അപ്പൊ നമുക്കൊരു സുഖം കിട്ടും എപ്പോ അഹങ്കാരം മൂലത്തിൽ അടങ്ങുന്നു അപ്പോഴൊക്കെ സുഖം ഉണ്ടാവും പ്രബലമായ ഒരു സന്നിധിയിലിരിക്കുമ്പോൾ അഹങ്കാരം തനിയെ അടങ്ങും അതുകൊണ്ടാണ് നമുക്ക് സുഖം വരുന്നത് നമ്മളുടെ തന്നെ അഹങ്കാരം മൂലത്തിൽ അടങ്ങുന്നത് സുഖം വരുന്നത് എപ്പോ അഹങ്കാരം ഉദിക്കുന്ന സ്ഥലത്ത് ലയിക്കുന്നുവോ അഹങ്കാരം എന്ന് വെച്ചാൽ ഗർവ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ എന്നുള്ള വ്യക്തിബോധം ആ വ്യക്തിബോധം മൂലത്തിൽ ലയിക്കുമ്പോഴൊക്കെ നമ്മൾ ബ്രഹ്മസ്വരൂപികളാണ് നാം ഉദിയാതുള്ള നില നാം അതുവായുള്ള നില ഭഗവാനോട് തമിഴ് ഉള്ളതിനെ ആത്മ സാക്ഷാത്കാരത്തു ഡെഫനീഷനേ ഇത് തന്നെ നാൻ ഉദിയാത് ഉള്ള നില നാം അതുവായി ഉള്ള നില നാണത് ഉദിക്കാമോ അത് നൂർണ വസ്തു പ്രഹ്മം സത്സംഗത്തിലാണ് ഉദിക്കാ കൊഞ്ച നേരം ഇന്ത് നമ്മ അത്വായി അതാതെ രൊ സുഖമാർ അത് സുഖം എങ്കിലും വന്നത് കൊഞ്ച നേരത്തു നമ്മ പ്രോം ബ്രഹ്മ സ്വരൂപത്തിലോ നിശ്ചലമാൽതാ സുഖം വന്നത് ആ നിശ്ചലത നമ്മൾ പ്രവർത്തിക്കാൻ പോകുമ്പോൾ അഹങ്കാരം വരുന്നത് കൊണ്ട് കിട്ടണില്ല അതാണ് ചിലർ പറയുക സത്സംഗത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ മുമ്പിൽ നിൽക്കുമ്പോ കിട്ടുന്ന സുഖം ഞങ്ങളായിട്ട് ധ്യാനിക്കുമ്പോഴോ ജപിക്കുമ്പോഴോ ഒന്നും കിട്ടണില്ല എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോഴൊക്കെ ഞാൻ ജപിക്കണോ ഞാൻ ധ്യാനിക്കണമെന്നുള്ള വിചാരം ഉള്ളിൽ കൂടുന്നു മറ്റേ അത് ഇല്ലാതിരിക്കണത് കൊണ്ടാണ് അപ്പൊ ഒരു പ്രബലമായ സന്നിധിയിൽ നിൽക്കുമ്പോൾ നമ്മളുടെ അഹങ്കാരം അടങ്ങി നിൽക്കും പക്ഷെ അതും ശാശ്വതമല്ല ചിലർക്ക് ആ സന്നിധിയിൽ തന്നെ അഹങ്കാരം കുറച്ച് കഴിഞ്ഞാൽ പൊന്തും വൈകുണ്ഠത്തിൽ ജയവിജയന്മാർക്ക് പൊന്തില്ലേ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ പോയാൽ നോക്കുക നമ്മള് പുതിയതായിട്ട് വരുന്ന ഭക്തന്മാർക്ക് അടങ്ങും അവിടെ തന്നെ ഇരിക്കണവർക്കോ അടങ്ങിയിട്ടാണോ ഇരിക്കണത് അവിടെയും പൊന്തല്ലേ എവിടെയാണെങ്കിൽ അഹങ്കാരം പൊന്തും കുറച്ച് കഴിയും അപ്പോ ഈ സന്നിധിയെ ആശ്രയിച്ചുകൊണ്ട് ഒരു ഗുരുവിനെയോ അഥവാ ഭഗവാന്റെ സാന്നിധ്യത്തിനെയോ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന അനുഭൂതി ഒരു ഒരു ഫോർ ടേസ്റ്റാണ് നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളുടെ സ്വരൂപം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കാണിച്ചു തരാം ഒരാചാര്യൻ പറയും പാസ്പോർട്ട് വിസ ഇല്ലാതെ ഒരു വിദേശത്തേക്ക് പോണ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പുറന്തള്ളപ്പെടും ശരിയായ പ്രോസസ്സിലൂടെ പോണം ഇപ്പൊ ഉദ്ധവർക്ക് കിട്ടിയ അനുഭൂതി ഉദ്ധവർക്ക് കിട്ടിയ ആനന്ദം ഭഗവാന്റെ പ്രബലമായ സന്നിധി ഇപ്പൊ എ സി റൂമിലേക്ക് വരണ പോലെയാണത് പുറത്ത് ചൂട് ഇതിനകത്ത് വരുമ്പോൾ നല്ല തണുപ്പ് ആ തണുപ്പ് അന്തരീക്ഷത്തിന്റെ അല്ല ഈ റൂമിന്റെ ആണത് അതിനകത്ത് വരുമ്പോൾ ആ തണുപ്പ് അതുപോലെയാണ് സത്സംഗത്തിലും ഈ ചൂട്ന്ന് എ സിയിലേക്ക് വരുന്ന പോലെ സത്സംഗത്തിലേക്ക് വരുമ്പോൾ ഒരു സുഖം ഒരു സാന്നിധ്യം അതുകൊണ്ട് ആ സപ്താഹം കഴിയണമല്ലോ സപ്താഹം കഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിലേക്ക് പോകണമല്ലോ അവിടെ പോയാൽ വീണ്ടും പഴയ കുട്ടിച്ചാത്തമാരൊക്കെ പുറത്തേക്ക് വരുമല്ലോ ഒക്കെ വിഷമം ആ കുട്ടിച്ചാത്തമാരൊക്കെ ഇപ്പോഴും ഉണ്ട് ഉണ്ട് എന്ന് നിങ്ങൾ ധരിക്കുകയാണെങ്കിൽ ഉണ്ട് ഇല്ല ഞങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇല്ല ഇനി ഇല്ല ഞങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സാന്നിധ്യം നമ്മളുടെ സ്വരൂപമാണ് ഈ സാന്നിധ്യം ഇവിടെ കിട്ടിയത് സത്സംഗത്തിന്റെയാണ് പക്ഷെ നമ്മളുടെ സ്വരൂപത്തിൻ്റെയാണ് ഈ സാന്നിധ്യം നമ്മളുടെ ഉള്ളിലുണ്ട് പായലൽപ്പം നീങ്ങുമ്പോൾ വെള്ളം അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള തടസ്സം മറ അല്പം നീങ്ങുമ്പോൾ നമ്മുടെ സ്വരൂപം കാണും ആ സ്വരൂപം എപ്പോഴും സിദ്ധമാണ് ആ സ്വരൂപത്തിനെ എങ്ങനെ അറിയും നമ്മളുടെ സ്വന്തമാക്കണം അതിനെ അതിന് യാതൊരു വിധത്തിലുള്ള ഭഗവാനോട് പറയുന്നത് ഭഗവാനെ അങ്ങേ പിരിഞ്ഞ് വയ്യ അവിടുത്തെ സാന്നിധ്യമില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ അപ്പൊ ഭഗവാൻ ഉദ്ധവരെ കരുണയോട് നോക്കി ആ പരമഭക്തനായ ആ ഭാഗവതനെ കരുണയോട് നോക്കി ഉദ്ധവരോട് പറഞ്ഞു ഹേ ഉദ്ധവ എനിക്ക് തന്നോട് എത്ര കണ്ടു പ്രിയമുണ്ടോന്ന് അറിയാവോ നഥാമേ പ്രിയതമഹ ആത്മയോനിർന്ന ശങ്കരഹാം നർഷണോ ീ എന്ന ആത്മാ യഥാഭവാന് എനിക്ക് ബ്രഹ്മാവിനോട് അത്ര കണ്ട് പ്രിയമില്ല സംഘർഷണമൂർത്തിയോട് പോലും അത്ര കണ്ട് എനിക്ക് അടുപ്പല്ല പിന്നെ ഭഗവാൻ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് മഹാലക്ഷ്മിയോട് പോലും അത്ര കണ്ട് പ്രിയമല്ല എന്നാച്ച ആത്മ എനിക്ക് എന്നോട് തന്നെ അത്ര കണ്ട് പ്രിയമില്ല യഥാഭവാൻ എനിക്ക് അങ്ങയോട് എത്ര കണ്ടു തന്നോട് എത്ര കണ്ടു പ്രിയമുണ്ടോ അത്രയും പ്രിയം ഇവരോട് ആരോടും ഇല്ല എന്തുകൊണ്ട് തൊഞ്ച ഭാഗവതേശ്വഹം നീ ഭാഗവതനാണ് ഭാഗവത പ്രമുഖനാണ് ഭാഗവതന്മാരിൽ നീയാണ് ഞാൻ അതുകൊണ്ട് ആർക്കും ചെയ്യാത്തൊരനുഗ്രഹം വസ്തുക്കൾ കൊടുത്ത് ചെയ്യുന്ന അനുഗ്രഹമൊക്കെ അല്പം വരം കൊടുക്കുന്നതൊക്കെ അല്പം എല്ലാം അശാശ്വതമാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഒരു സദ്ഗുരു ഒരു ജീവനെ തത്വോപദേശം ചെയ്തിട്ട് ഓടിച്ചു വിടുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അടുത്തുവയ്ക്കുന്നത് അത്യധിക അപകടമാണ് സ്വാമി രാംദാസ് പറയും മഹാത്മാക്കളുടെ അടുത്തു നിന്ന് സാന്നിധ്യത്തിനെ സ്വീകരിക്കണം ഉപദേശത്തിനെ സ്വീകരിക്കണം അതിനെ ജീവിതത്തിൽ കൊണ്ടുവരാനായി ഏകാന്തത്തിൽ പോയിരിക്കണം ഒരു മരത്തിന്റെ ചുവട്ടിൽ മറ്റൊരു മരം പലപ്പോഴും വളരില്ല അപൂർവമായിട്ടേ വളരുകയുള്ളൂ അത് വളരണമെങ്കിൽ ഈ തത്വം അറിയണം അതുകൊണ്ട് ആ സാന്നിധ്യമോ ഉപദേശമോ സ്വീകരിച്ച് അവിടുന്ന് പൊയ്ക്കൊള്ളാം കണ്ണുടേ എന്ന് പറയുന്ന സിദ്ധൻ അദ്ദേഹത്തിനടുത്ത് ശിഷ്യൻ പറഞ്ഞു ഈ അന്ന് കൈവല്യ നവനീട്ട ശ്ലോകം പറഞ്ഞല്ലോ അതുപോലെ തന്നെ അങ്ങയ്ക്ക് ഞാൻ എങ്ങനെ നിഷ്കൃതി ചെയ്യും അങ് ചെയ്ത അനുഗ്രഹത്തിന് ഉപദേശത്തിന് ഞാൻ എങ്ങനെ പ്രത്യുപകാരം ചെയ്യുമെന്ന് ശിഷ്യൻ ചോദിക്കാണ് പറഞ്ഞു തിരിഞ്ഞു നോക്കാതെ നടക്കുമെന്നാണ് അങ്ങേക്ക് പ്രത്യുപകാരം ചെയ്യണം എന്ന് പറഞ്ഞ് നിൽക്കാതെ നടക്കാം എന്നുവെച്ചാൽ ആ ഭേദം പോലും ഇല്ലാതെ തിരിഞ്ഞു നോക്കാതെ നടക്കും ഏത് ഗുരുവാണോ ശിഷ്യന്മാരെ അടിമയാക്കി ചെയ്യുന്നത് നിങ്ങൾ എന്റെ പുറകെ നടക്കൂ ഞാൻ വിളിക്കുമ്പോഴൊക്കെ വരൂ ഗുരുസേവ എന്ന് പറഞ്ഞ് നഷ്ട ഗർത്തത്തിൽ തള്ളിയിടുന്ന പോലെയാണെന്നാണ് ഋഷഭരോഗേശ്വരൻ പറഞ്ഞത് സ്വയം കണ്ണില്ലാത്ത ആളുകളെ പടുകുഴിയിൽ തള്ളിയിടുന്ന പോലെ ഗർത്തത്തിൽ തള്ളിയിടുന്ന പോലെ ആയിത്തേരും അതുകൊണ്ട് സത്യം സ്വീകരിക്കുക സത്യസ്വരൂപികളായിട്ട് ഇരിക്കുക ഉദ്ധവര ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞു ഹേ ഉദ്ധവ ഇവിടെ താമസിക്കരുത് പുറപ്പെടാനായി താങ്കൾക്ക് ഇത്രയും കാലം എന്റെ കൂടെ താമസിച്ചില്ലേ മതി ഇനി എന്റെ കൂടെ താമസിച്ച അവരുടാണ് നമ്മളൊക്കെ അശാശ്വതമാണ് എന്നെങ്കിലുമൊക്കെ വിട്ടുപിരിയേണ്ടി വരും വിട്ടുപിരിയുമ്പോൾ അത്യധികം ദുഃഖം ഉണ്ടാവും അതിനു മുമ്പ് പിരിയണം തമിഴിലൊരു പ്രഭാഷണം ചെയ്യുന്ന ഒരു ആളുണ്ടായിരുന്നു എന്താണ് കൃപാനന്ദ വാര്യ അവർ ചൊല്ലുമായിരുന്നു പല്ല് പോർത്തക്ക് മുന്നാടി മുറുക്ക് തിന്നരുത് നിർത്തമാവും ഇല്ലാട്ട മുറുക്ക് തിന്നരുക്ക് ആശയക്കും പല്ല് വേറെ പോയതേ തിന്നോ മുടിയാതെ വസ്തുക്കളെ അനുഭവിക്കാനുള്ള ആഗ്രഹമുണ്ടാകാം വസ്തു ഇല്ലെങ്കിൽ ദുഃഖം അതിനു വസ്തുവിനെ ഉപേക്ഷിച്ചാൽ ഉപേക്ഷിക്കുന്നതിന്റെ ഒരു സുഖമുണ്ട് ഉപേക്ഷിക്കുന്നതിന്റെ സുഖം സ്വീകരിക്കുന്നത് കൊണ്ടില്ല കിട്ടുന്ന സുഖം അല്പമാണ് ഉപേക്ഷിക്കുമ്പോ കിട്ടുന്ന സുഖം അനന്തമാണ് സ്വീകരിക്കുന്നതിന് അന്തമേ ഇല്ല എത്ര വേണമെങ്കിൽ കൂടുതലാവാം ഉപേക്ഷിക്കുന്നതിന് അന്തമുണ്ട് പൂർണ്ണമാണ് കർമ്മം ചെയ്യുന്നതിന് ഒരു ആദ്യുണ്ട് അന്തമുണ്ട് കർമ്മത്തിന്റെ ഫലം ലിമിറ്റഡാണ് കർമ്മം ചെയ്യാതിരിക്കുന്നതിന് ഒരു ആരംഭമുണ്ടോ ചുമ്മാരിക്കുന്നതിനൊരു ആരംഭമുണ്ടോ ചുമ്മാരിക്കുന്നതിന് ആരംഭമില്ല അതിനൊരു അവസാനമില്ല നമ്മളുടെ ഒക്കെ ഐഡിയാസൊക്കെ തലതിരിച്ചാണ് കർമ്മം ചെയ്യുന്നതാണ് ശക്തി നമുക്ക് കർമ്മം ചെയ്യുന്ന ക്ഷീണിച്ചാൽ എന്ത് ചെയ്യും കുറച്ചു നേരം ചുമ്മാരിക്കും ചുമ്മാരുന്നാലോ എനർജി വന്നു കർമ്മം ചെയ്യുമ്പോൾ എനർജി പോകണം അതേപോലെ വസ്തുക്കൾ സ്വീകരിക്കുന്നതിനും വസ്തുക്കൾ ഇല്ലാതാക്കുന്നതിനും വ്യത്യാസത്താണ് ഉദ്ധവരോട് ഭഗവാൻ കൊടുക്കണ ഉപദേശം ഹേ ഉദ്ധവ ഇന്നേക്ക് ഏഴാമത്തെ ദിവസം സമുദ്രം ദ്വാരകയെ വിഴുങ്ങും അതിനു മുമ്പ് താങ്കൾ ഇവിടുന്ന് പുറപ്പെടുക ത്വം തു സർവം പരിത്യജ്യം സ്നേഹം സ്വജനബന്ധുഷ്യ മനസ്സമ്യക് സമദൃക് വിചര സ്വം പരിത്യജ്യ അൺകോംപ്രമൈസിംഗ് ടീച്ചിങ് ഒരു കോംപ്രമൈസ് ഇല്ല വിവേകാനന്ദ സ്വാമികൾ ഒരിടത്ത് പറയുന്നു ഇത് ആന്തരികമായിട്ട് ആ ഭാവത്തിന് എടുക്കണം a few souls live for God and for God alone And let the world go Have no compromise കുറച്ചു പേർ ഭഗവാൻ വേണ്ടി മാത്രം ജീവിക്കട്ടെ എന്നാണ് ഭഗവത് വിഷയമായി മാത്രം ജീവിക്കട്ടെ ഭഗവാനെ ഹൃദയത്തിൽ വയ്ക്കാം ലോകമോ ലോകം കുന്തം പോട്ടെ തുച്ഛം തൃണവത് എന്ന് വെച്ചാലോ ലോകം പോട്ടെ എന്ന് വെച്ചാൽ എന്ത് പോകും ലോകം പോട്ടെ എന്ന് വെച്ചാൽ ലോകകാര്യമൊക്കെ നടക്കണ പോലെ നടക്കട്ടെ എന്നാണ് ലോകത്തിൽ ആ ഒരു പെർഫെക്ഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നു അവർക്ക് പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് സമാധാനമേ ഉണ്ടാവില്ല ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് പെർഫെക്ഷൻ ഇൻ വേൾഡ് ഇറ്റ്സ് ലൈക്ക് ഹോട്ട് ഐസ്ക്രീം പെർഫെക്ഷൻ എവിടെ കിട്ടും പെർഫെക്ഷൻ ലോകത്തിൽ കിട്ടില്ല ലോകത്തിലെ എല്ലാ കാര്യവും ഞാൻ പെർഫെക്റ്റ് ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ സാധ്യമല്ല അതുകൊണ്ട് ലോകം എങ്ങനെ ഇരിക്കണോ അങ്ങനെ ഇരിക്കട്ടെ ഏത് വിധത്തിലിരിക്കണോ അത് ആ വിധത്തിലിരിക്കട്ടെ എല്ലാത്തിനും അനുമോദേത വൈ നാരദ മഹർഷി പറഞ്ഞു ഗൃഹസ്ഥൻ എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ കുടുംബത്തിൽ പല കാര്യങ്ങളുണ്ടാവും എല്ലാം ഉണ്ടാവും ഓരോരുത്തർ ഓരോ അഭിപ്രായം പറയും എല്ലാത്തിനും തലയാട്ടിക്കൊള്ളണം എന്നാണ് അങ്ങനെ ചെയ്യട്ടെ ഓ ഇങ്ങനെ ചെയ്യട്ടെ ഓ ഈ രണ്ടുപേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും വലിയ കുടുംബമാണെങ്കിൽ അവരെക്കുറിച്ച് ഇവർ കുറ്റം പറഞ്ഞാൽ അതെ നിങ്ങൾ പറയണത് വളരെ വാസ്തവം വായ്പോണ്ട് പറയാൻ പാടില്ല തലയാട്ടിക്കൊള്ളണം മറ്റേവർ വന്ന് ഇവരെക്കുറിച്ച് പറയുമ്പോഴും തലയാട്ടിക്കൊള്ളും അയേ അങ്ങനെ പറയാൻ പാടില്ല കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉപദേശിച്ചാൽ അവര് അത് നിർത്തി നമ്മളെ പറഞ്ഞു തുടങ്ങും അതുകൊണ്ട് ഈ ഒരു ചെട്ടിയാറ് ബൊമ്മയെ വീട്ടിലെ വാങ്ങി വെച്ചക്കണം അത് ഇപ്പൊ തലയാട്ടേക്കാപകം എസ് എസ് രമണു ഭഗവാൻ ഒരു നാളക്ക് രണ്ട കൊഞ്ചം വാർത്തകളിലൂസ് പണ്ട വാർത്ത വന്ന് ഡീൻ അക്സെപ്റ്റഡ് ഇങ്ങന പലോ അത് അക്സെപ്റ്റഡ് എപ്പിടി വേണു അക്സപ്ടഡ് അപ്പൊ ലോകത്തിൽ എന്തൊക്കെ തന്നെ നടക്കട്ടെ ഉദാസീനവദാസീന ഗുണയിറിയോ ന വിചാല്യതേ ഗുണാഗുണേഷു ന സജ്ജത്തെ ഉദാസീന ഭാവം അതാണ് ലോകം ത്വം സർവം പരിത്യജ്യ ഇപ്പൊ ഉദ്ധവർക്ക് നൂറ്റി ഇരുപത് വയസ്സിലധികമായിരിക്കണം ഹേ ഉദ്ധവ യാതൊരു സംശയവും വേണ്ട ഉപേക്ഷിച്ചുകൂടാം ഇനിയും ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അപകടമാണ് സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു ഇതേ ഭഗവാനാണ് ഭഗവത്ഗീതയിൽ അർജുനൻ ഞാനൊക്കെ ഉപേക്ഷിക്കട്ടെ ഭിക്ഷയെടുക്കട്ടെ ചോദിച്ചപ്പോ ഹരിതെന്ന് പറഞ്ഞത് നഹി സന്യാസനാദേവ സിദ്ധ്യം സമ്മതികച്ചത് ഉപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രം താൻ സിദ്ധനാവില്ല കർമ്മത്തിനെ കർമ്മയോഗമായിട്ട് അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ അതേ ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു കർമ്മം ചെയ്യണം എന്നുള്ള സങ്കല്പത്തിനെ അടക്കം ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെടാം എന്താ ഇത് ഒരാളെ സന്യാസത്തിനുള്ള അധികാര ഒരാൾക്ക് സന്യാസത്തിനുള്ള അധികാരം ഇല്ല സന്യാസത്തിക്ക് അധികാരം ഇല്ലാമ കളമ്പിപ്പോ തരുംപന്തുവാ രമണ ഭഗവാന ഒരു കഥ ചല്ലവാർ ഒരുത്തർ വന്ന് ഒരു തൻ്റെ ആ വരട്ടിണ്ടേപ്പറാം ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്ക് എന്താ പറയാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ സണ്ടെ ഉണ്ടായാൽ കൂട്ടാൻ ഉപ്പ് അധിക പോയിട്ട് ഒരു കോപം വന്നിടും നാ ഇപ്പേ സന്യാസം എടുത്തപ്പൻ അപ്പം ചല്ലുവരാൻ ഇന്ന് അമ്മ പാവം ഭയന്നിട്ട് പതിവ്രതെ വി നമസ്കാരം പണി എന്നെ വിട്ടുട്ട് പോയിടാതെങ്കോ നിങ്ങതാ എനിക്ക് ദൈവം ഇതൊരു ഡ്രാമ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നടക്കും അപ്പൊ അടുത്ത വീട്ടിലുള്ള അമ്മ കണ്ടു ഇത് ഇദ്ദേഹം ഇത് ഉപയോഗിക്കുകയാണ് നല്ല ആയുധമായിട്ട് അപ്പൊ അടുത്ത വീട്ടിലെ അമ്മ പറഞ്ഞു നീ ഇങ്ങനെ പേടിച്ച കാര്യം നടക്കില്ല അതുകൊണ്ട് അടുത്ത പ്രാവശ്യം അദ്ദേഹം ഞാൻ സന്യാസിയായിട്ട് പുറപ്പെടാൻ പോകണമെന്ന് പറയുമ്പോ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാ അയ്യോ അദ്ദേഹം പോയാലോ അദ്ദേഹം പോവില്ല ഞാൻ ഗ്യാരണ്ടി പോയാ പോവില്ല പൊയ്ക്കോളൂ എന്ന് പറയാമെന്നാണ് അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ ഇദ്ദേഹം പറഞ്ഞു എന്തോ ശണ്ട ഉണ്ടായപ്പോ പറഞ്ഞു ഞാനിപ്പോ സന്യാസി പുറപ്പെട്ട് പോവും കാട്ടിലേക്ക് പോവും പോയിക്കോളൂ വാസ്തവമാ പോയിടുമേ പോയിട്ട് വാങ്ങോ ഇവളവും എപ്പി പോകാ അവർ കൊഞ്ചോ അങ്ങനെ കാട്ടു കൊണ്ടത്തിൽ അവ കൂപ്പ വരവേല സായന്ദ്രാ വയത്തിൽ തപിൽ അടിക്കുമ്പോ പോകണോനാ ഇവ കൂപ്പിട വരമാട്ടേക്ക അവ ആ മാ വന്നിരിക്കാം അത് മാടോട് വാള പിടിച്ച് വീട്ടിൽ വന്ന് വീട്ടുക ഇത രമണ ഭഗവാന് വന്ന് ആക്ട് പണി കാട്ടുവണറോടെ സഹോദരി കഥയെ എടുത്ത് അടിയേ ഇന്ന് മാട് നമ്മ മാടേങ്കോ എതയോ പിടിച്ച് തുമ്പീവൻ ഏസന മറ്റും സന്യാസം ത്യാഗം മുടിയും വാസനാത്യാഗം താൻ സന്യാസം അതിനാൽ അർജുനന് കളമ്പ ഭഗവാൻ ഒത്തുക കർമ്മ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാച്ചന മാ കർമ്മ ഫലഹേതുർഭൂഹു മാോസ്തു അകർമ്മണി കർമ്മ പണ്ണ് കർമ്മം ചെയ്യാതിരിക്കരുത് കർമ്മം ചെയ്യൂ എന്ന് അർജുനൻ ഉപദേശം അതേ ഭഗവാൻ ഇവിടെ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ ഉദ്ധവാ കർമ്മം ചെയ്യേണ്ട ഉപേക്ഷിക്കുക പുറപ്പെടുക ത്വം സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യവേശ്യ മനസ്സമ്യക് സമദൃവിചരസ്വാം പുംസോ യതം മനസാ വാച ചക്ഷുർഭ്യം ശ്രവണാതിഭി നശ്വരം ഗൃഹ്യമാണം ച വിധി മായാ മനോമയം എന്തൊക്കെ ഈ കണ്ണുകൊണ്ട് കാണപ്പെടുന്നുണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കപ്പെടുന്നുണ്ടോ ഇതൊക്കെ മായയാണ് എന്ന് നിശ്ചയിച്ചോളാം ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊരു പദാർത്ഥമില്ല ദ്വൈതം കാണുന്നത് തികച്ചും കള്ളമാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് സ്വതന്ത്രനായി സഞ്ചരിക്കൂ ജ്ഞാന വിജ്ഞാന സംയുക്ത ആത്മഭൂതശരീരി ആത്മാനുഭവതൃപ്ത ആത്മാന്തസേൻ ഹയസ്റ്റ് ടീച്ചിങ് കൊഞ്ചുകൂടി കീഴിറങ്ങി വരാതെ ടീച്ചിങ് ഉദ്ധവർ ചോദർ ഭഗവാനെ എനിക്ക് സന്യാസത്തിന് യോഗ്യത എടുക്ക ഞാൻ സന്യാസത്തിന് ഉപദേശിച്ചല്ലോ ഞാൻ സന്യാസ എടുക്കാൻ യോഗ്യനാണോ യോഗേശ യോഗ വിന്യാസ യോഗാത്മം യോഗ സംഭവ നിശ്രേയസായ പ്രോക്തസന്യാസലക്ഷണോയം ദുഷ്കരോമൻ ത്യാഗോയം ദുഷ്കരോ ഭൂമൻ വിഷയാത്മോയ ദുഷ്കോഭൂമന് കാ വിഷയാത്മഭി സർവാത്മൻ അഭത്തൈരി മേ മതി സോഹം മമാഹിതമൂടമതിർവിഗാട ന്മായയാ വിരചിതത്മനി സാനുബന്ധേ തഗതിയതം ധയാമി ഭഗവൻ അനുഷാധിവൃത്യ സത്യസ്യേ സ്വദൃശ ആത്മന ആത്മനൂനം വക്താരമീശ വിബുധേക്ഷനുചക്ഷേ വിമോഹിത ധിയജമാേ ബ്രഹ്മാദയസ്തനുഭൃതോ ബരർഭാവാ അനവദ്യമനന്തംരം അകു വികുണ്ഠതിഷ്യം നിർവിനധീ അഹമുഹ വൃജിതോ നാരായണം നരസഖം ശരണ പ്രബദ്ധേ പ്രഭു സോഹം മമാഹമിതി മൂഢമതിർവിടൻ എന്തേ എന്നത്തിൽ പെട്ട വിഷമിച്ചു വലഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് അവിടുന്ന് സർവസംഗ പരിത്യാഗ രൂപത്തിലുള്ള സന്യാസത്തിനെ ഉപദേശിച്ചിരിക്കുകയാണ് അവിടുന്ന് യോഗത്തിന് ഈശ്വരനാണ് പരമാത്മപദപ്രാപ്തിക്കുള്ള യോഗത്തിനെ ലോകത്തിലേക്ക് തന്നിട്ടുള്ളതും അവിടുന്നാണ് യോഗത്തിന് ലക്ഷ്യസ്ഥാനമായ ആത്മാനുഭൂതിയും ബോധസ്ഫൂർത്തിയും അവിടുത്തെ സ്വരൂപമാണ് ഞാൻ എങ്ങനെ ത്യാഗം ചെയ്യും എനിക്ക് ആത്മതത്വം ഉപദേശിച്ചു തരാൻ അവിടുന്നല്ലാതെ ഞാൻ വേറെ ആരെയോ ഒരു ഗുരുവായിട്ട് കാണുന്നില്ല തസ്മാത് ഭവന്തം അനവധ്യം അനന്തപാരം സർവജ്ഞം ഈശ്വരം അകുണ്ഠ വികുണ്ഠധിഷ്ണ്യം നിർവിണ്ണധീഹി ഞാനിപ്പോൾ പരമവിരക്തനാണ് എനിക്ക് യാതൊന്നും ലോകത്തിൽ വേണ്ട യാതൊരു വസ്തുവിലും അല്പം പോലും ആസക്തിയില്ല എനിക്ക് ഭഗവത് തത്വം ആത്മതത്വം ഉപദേശിച്ചു തരൂ നാരായണം നരസഖം ശരണം പ്രപത്തി നരസഖനായ നാരായണൻ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട് എപ്പൊ ശരണാഗതി ചെയ്യുന്നു അപ്പൊ ഉപദേശം ഉദ്ധവൻ ഇത്രയും പറഞ്ഞ് നമസ്കരിച്ചപ്പോ ഭഗവാൻ ഒന്ന് മന്ദർശിച്ചു ഹേ ഉദ്ധവൻ ആത്മസാക്ഷാത്കാരത്തിന് ഗുരു വേണം പക്ഷേ യഥാർത്ഥത്തിൽ ആരാണോ ഗുരു ആത്മനഹ ഗുരു ആത്മൈവ പുരുഷസ്യ വിശേഷത പ്രത്യക്ഷ അനുമാനാഭ്യാം ശ്രേയ ശ്രേയോസാവനുവിന്ദ അവനവന് ഗുരു അവനവൻ തന്നെ അവന്റെ ഹൃദയത്തിൽ എല്ലാവരുടെ ഹൃദയത്തിലും ഗുരുതത്വം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പുറത്ത് ഒരു ഗുരു വന്നാലും ആ ഗുരു നമ്മളെ ഉപദേശിച്ച് മനസ്സ് അന്തർമുഖമാക്കും അന്തർമുഖമായ മനസ്സ് സ്വയമേവ തത്വം ഗ്രഹിക്കും പുറമേക്ക് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ഭഗവാൻ തന്നെ സദ്ഗുരു രൂപേണ മുമ്പിൽ വരും ഗുരു എന്ത് ചെയ്യാൻ പോകുന്നു നമ്മൾ കഴുത്തിൽ കിടക്കുന്ന മാല കാണാനില്ല കാണാനില്ല ലോകത്തിൽ മുഴുവൻ അന്വേഷിച്ചു ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാല എവിടെയെങ്കിലും കൊണ്ടുതരാൻ പറ്റുമോ മൂക്കത്ത് കണ്ണാടി വെച്ച് കണ്ണാടി അന്വേഷിക്കും ആ കണ്ണാടിയിലൂടെ തന്നെ കണ്ണാടി അന്വേഷിക്കും ഒരാൾ എന്ത് ചെയ്യും ആ കണ്ണട ഉണ്ടല്ലോ മുഖത്ത് തന്നെ ഉണ്ടല്ലോ കണ്ണട തൊട്ടു നോക്കുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട് റെക്കഗ്നിഷൻ ഉണ്ട് എന്ന് കണ്ടെത്തി ജ്ഞപ്തി പ്രത്യപിജ്ഞ അതുപോലെ തത്വമസി ആ സത്യം നീ തന്നെ എന്ന് ബോധിപ്പിക്കേണ്ട അതേ ക്ഷണത്തിൽ തന്നിൽ തന്നെ സ്വരൂപം കണ്ടെത്തും സോഹമസ്മി ഞാൻ ഈ ശരീരമല്ല മനസ്സല്ല ബുദ്ധിയല്ല അഹങ്കാരമല്ല നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവമായ ബോധമാണ് എന്നുള്ളത് അനുഭവം കൊണ്ട് കാണും ഉപദേശക്ഷണ മാത്രത്തിൽ അവിദ്യ നീങ്ങും അങ്ങനെയുള്ള പക്വികളോ വളരെ പക്വികളായിട്ടുള്ളവർ കർപ്പൂരം പോലെയാണ് തീയിലിടുമ്പോഴേക്കും പിടിക്കും കർപ്പൂരം ചിലത് വിറകുപോലെ പതുക്കെ പിടിക്കും ചിലത് നനഞ്ഞ വിറകാണെങ്കിൽ അല്പം ഉണക്കിയിട്ടേ പിടിപ്പിക്കാൻ പറ്റുകയുള്ളൂ ചിലർക്ക് ഉപദേശ ക്ഷണത്തിൽ ഉപദേശം മാത്രം കൊണ്ട് അവിദ്യ നീങ്ങും മുക്തിക്ക് തക്ക ഒരു ഉപദേശം നൽകും ജനനമറ്റിയിടുമെന്നവനു നാരായണായനം ഉപദേശം കേൾക്കേണ്ട ക്ഷണത്തിൽ ബോധാനുഭവം ഉണ്ടാവും ഞാൻ ശരീരമല്ല എന്നുള്ള അനുഭവം തികച്ചും സുവ്യക്തമായിട്ട് ബോധത്തിൽ പ്രതിഷ്ഠിതനാവും അപ്പൊ ഗുരു എവിടെ ഉണ്ട് ഗുരു അന്തരംഗത്തിൽ തന്നെ ഉണ്ട് പുറമേ നിന്നുള്ള ഗുരു ഈ ഉള്ളിലുള്ള ഗുരുവിനെ കാണിച്ചു തരും ഹൃദയത്തിലുള്ള ഗുരു വേണം നമുക്ക് വഴി കാണിച്ചു തരാൻ ആത്മനഹ ഗുരു ആത്മൈവ പുരുഷസ്യൻ അപ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുന്ദുരുക്കന്മാർ പല വിധത്തിൽ ഇവിടെ ഒരാൾ ഒരു വിളക്ക് കൊണ്ടുവന്ന് വയ്ക്കും ഈ ഉദാഹരണം നല്ലവണ്ണം ശ്രദ്ധിച്ചുള്ള ഒരാള് ആ വിളക്കിൽ എണ്ണ വെച്ചു ഒരാൾ വിളക്കിൽ തിരിയിട്ടും ഒരാൾ വിളക്ക് കൊളുത്തി വേറെ ഒരാൾ കണ്ടു ഈ വിളക്കിലെ നാളം എന്റെ ഫ്ലെയിം അതിങ്ങനെ ചലിക്കുകയാണ് ചലിക്കാതിരിക്കാൻ എവിടെ എവിടെ ജനൽ കൂടെ കാറ്റുവരണോ അതാത് ജനല് അടച്ചു ഇതിൽ അധ്യാത്മസാധനയും ഇതുപോലെ തന്നെ ഈ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് ചിലതൊക്കെ ചെയ്തല്ലോ എണ്ണ ഒഴിക്കുക അതൊക്കെ ഉപഗുരുക്കന്മാരാണ് അവരൊക്കെ ഉപഗുരുക്കന്മാരാണ് അവർ നമുക്ക് കാര്യം പറഞ്ഞു തന്നു ശാസ്ത്രം പഠിപ്പിച്ചതെന്നു മന്ത്രം ഉപദേശിച്ചു ഇന്ന രീതി വിളക്ക് ജ്ഞാനഗുരുവാണ് വിളക്ക് കൊളുത്തിയാൽ വിളക്ക് കെട്ടുപോവാതിരിക്കാനായി ഇന്ദ്രിയ സഹായിക്കുന്നതൊക്കെ ചെയ്തു തരുന്നവരും മാത് ഗുഹോ ജ്ഞാനം സുസ്ഥിരം സ്യാത് സുപുഷ്കലം ബ്രഹ്മൈതത് അദ്വിതീയം വൈ ഗീയത്തെ ബഹുദർശിപി ചിലപ്പോ ഒരു ഗുരുവിൽ നിന്നും പൂർണ്ണമാവില്ല എന്നാണ് ഒരു ഗുരു നമുക്ക് സത്യത്തിനെ കാണിച്ചു തന്നു പലരായിട്ട് ആ സത്യത്തിനെ തട്ടിക്കൂട്ടി പെരുക്കി പരവളിയതിലാക്കി തന്നു പൂർണ്ണമാക്കി തന്നു അപ്പൊ എവിടെ നമുക്ക് കിട്ടുമോ അവിടുന്ന് എടുത്തോളാം എന്നാണ് ഏതൊക്കെ മാർഗത്തിൽ കിട്ടുമോ ആ മാർഗത്തിൽ നിന്നൊക്കെ എടുത്തോളാം പക്ഷേ പരിഭാഗപ്പെടേണ്ടത് നമ്മളുടെ ഉള്ളിലാണ് ജ്ഞാനം തെളിയേണ്ടത് നമ്മളുടെ ഉള്ളിലാണ് ഗുരുവി എന്ത് ഉപദേശിക്കാൻ പോകും ഗുരുവിന് ഉപദേശിക്കാൻ എത്രയേ ഉള്ളൂ ശരീരം നീയല്ല ഈ ദേഹം നീയാണെന്ന് ധരിച്ചിരിക്കണമല്ലോ ഈ ദേഹം നീയല്ല ദേഹം ജനിക്കണോ ദേഹം വളരണോ ദേഹം പരിണമിക്കണു ദേഹം ക്ഷയിക്കണു ഇപ്പൊ കുട്ടികളുണ്ട് പത്ത് വയസ്സ് എട്ട് വയസ്സുള്ള കുട്ടികൾ ഇതേ കുട്ടികൾക്ക് ഇപ്പൊ എൺപത് വയസ്സാവുമ്പോ ഇപ്പൊ ഈ സപ്താഹത്തിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ അത് എടുത്തിട്ട് പറയുന്നത് കണ്ടു ഇത് ഞാനാണ് ഈ ഫോട്ടോയിൽ മുമ്പിൽ ഇരിക്കുന്നത് ഞാനാണ് അപ്പൊ എൺപത് വയസ്സ് മുത്തശ്ശി ആയിക്കഴിഞ്ഞു എൺപത് വയസ്സ് പാട്ടി ആയിച്ചു എട്ട് വയസ്സില് ഇക്കെ ഫോട്ടോ കാട്ടി ഇത് ഫോട്ടോ അപേങ്ങറ അവ പേരെ കുഴഞ്ഞാ പാട്ടി ഉള്ള മാതിരിയേ ഇല്ലേ അത് അത് മാറിയാച്ചു ചേഞ്ച് ആയിട്ട് ചേഞ്ച് ആയിട്ട് അപ്പൊ ഇല്ലയേ മനസും പരിണമിച്ചു ചേഞ്ച് ഉടമ്പു പരിണമിച്ച മനസ്സു പരിണമിച്ച അനുഭവം മാത്രം ചേഞ്ച് പരിണാമം ഇല്ലാ ഒരേ അനുഭവമാസ അനുഭവത്തെ കവനത്തിനാലും പിടിക്കും ധ്യാനം കൂടെ ശ്രദ്ധ ജ്ഞാനം അടിയും ഇരു അനുഭവം നമ്മൾ ഞാനികളാ അജ്ഞാനികളാ ഒരു നാടകം പോകും വിവേകാനന്ദ സ്വാമികൾ ഒരു ഇടത്ത് പ്രവചനം പമേരിക്ക ഞാന യോഗം അന്തരീക്ഷമേ ചേഞ്ച് ആയിടും അവർക്ക് ഒതുക്കെ അവർ വസ്തു യു യു സി പാപികൾ പാപം നിത്യുദ്ധമായ വസ്തുക്കൾ ചിൽഡ്രൻ ഇമോർട്ടിറ്റി അമൃതാനന്ദത്തിന്റെ അരുമക്കിടാങ്ങളേ നോച്ചു അമൃതസ്യ പുത്ര ഇത് കേക്കുറപോട് അവനന്ദം ലിഫ്റ്റഡ് ഇങ്ങനെ അപ്പിയേ എലിവേട്ട് ആയിടത്തുക്കുറം കീഴ് വന്ന് വളോ ഇല്ലയോ അപ്പൊ ഇവ എന്ന കൊഞ്ച ഒരു ഗ്രൂപ്പിസ് പാമി വന്ന് ഹിസ് ഹിപ്നോസിംഗ് ഏതോ ഹിപ്നോസിൽ വാസ്തവമാ തോണ്ടത് ആ അത് അപ്പുറം അത് നിക്കറില്ലേ നമ്മൾ പാപികളെ നമ്മൾ എപ്പിശ്വരൻ ആകും പ്രമോ ഭഗവാനാകും അടുത്ത ഒരു പൊണ് എന്ന് കേട്ടോ കൊണ്ടു ലിഫ്റ്റ് എടുത്ത് വിവേകാനന്ദ്രാം യു യു ആർ ആൽറെഡി ഹിപ്നോസ്ഡ് ഐ എം ഓൺലിസിംഗ് യു വേക്കിംഗ് യു അപ് യു ആർ ഇൻ സൗണ്ട് സ്ലീപ് I am waking you up! and ിങ് ഉിഷ്ടത ജാഗ്രത അത് എഴുപ്പറുക്ക് താങ്കൾ തൂങ്ങി തൂക്കത്തിലേക്ക് എഴുപ്പത്തിലേക്ക് എഴുന്നപ്നം അത്വൈതം ബുദ്ധിദേ അനുഭവം നമുക്ക് നമുക്ക് എടുക്ക് അത് ഒരു ചിന്ന ഒരു മറൈ മേഘം സൂര്യനെ മറക്കാ മാറി മറച്ചിരിക്ക സൂര്യൻ പ്രകാശിക്കും അജ്ഞാനം വിലകിവിടുത്താ ഞാന സ്വരൂപം പ്രകാശി ഇങ്ങവർ വന്ന് ഭഗവാന കിട്ട ഭഗവാന് ഉനക്ക് നമ്മുടെ കഥ നമ്മ സാധാരണ എപ്പി കഥ എങ്ക താത്താ അപ്പി പണിത എങ്ക കൊള്ളു താത്ത കാലത്ത് ഒരു കഥ നടന്നത് അപ്പതാ ആരംഭം ഇല്ലാ അതേമാതിരി കൃഷ്ണനും അവ ാത്ത കഥയെത്താൻ ചോദുക യതു മഹാരാജ യാജാവിന്റെ കഥയാണ് ഭഗവാൻ പറയണത് യതു മഹാരാജാവ് കൊട്ടാരത്തിൽ ഒരു ദിവസം സുഖമായിട്ട് ഇരിക്കണം എല്ലാ സുഖസമൃദ്ധിയും ഉണ്ട് സമൃദ്ധിയിലിരിക്കുമ്പോഴാണ് ഒരു അവധൂതനെ കണ്ടു രാജാവ് നല്ല ബ്രഹ്മവിഷേകമായി ജ്ഞാനവിഷയകമായ ശാസ്ത്രങ്ങളൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ള ആളാണ് എല്ലാം നല്ലവണ്ണം അറിയാം പക്ഷേ അനുഭവത്തിൽ വരിക എന്നുള്ളത് വിഷയം വേറെ അപ്പോഴാണ് ഈ അവധൂതനെ കാണുന്നത് ചെറുപ്പക്കാരൻ നല്ല തേജസ്വി കുറേ കുട്ടികളൊക്കെ കൂടെ കളിച്ചുകൊണ്ട് നടക്കുന്നു അവധൂതനായിട്ട് വസ്ത്രം പോലുമില്ല പക്ഷെ സന്തോഷം ആനന്ദമായി അങ്ങനെ ഒരു മുഖം അദ്ദേഹം ഒരിടത്തും കണ്ടിട്ടില്ല എന്നാണ് മേലുമൊക്കെ ശ്മശാനുഭൂതി പൂശി ആ ശ്മശാനുഭൂതി ഏകനാഥ് സ്വാമി ഇതിനോരോതിനും വ്യാഖ്യാനം ചെയ്യണം ഏകനാഥി ഭാഗവതത്തില് ഏകനാഥ് സ്വാമി പറയണം ലോകത്തിനെ മുഴുവൻ ചുട്ടരിച്ച ശ്മശാനം തന്റെ മേലെ പൂശിയിരിക്കണം അദ്ദേഹത്തിന്റെ ദൃഷ്ടി ഓരോടത്ത് വീഴുമ്പോഴും അവിടെ പ്രപഞ്ചമില്ലാതായിട്ട് തീരുന്നു ലോകമില്ലാതായിട്ട് ബ്രഹ്മമേ ഉള്ളൂ ഭഗവാനേ ഉള്ളൂ ജഗത് മുഴുവൻ ബ്രഹ്മസ്വരൂപം അദ്ദേഹം ഒരാളെ നോക്കിയാൽ ആ നോക്കുന്ന ആൾക്ക് താൻ ബ്രഹ്മമാണെന്ന അനുഭവം തത്കാലത്തേക്ക് ആ അവധൂതൻ സന്തോഷമായിട്ട് ആനന്ദമായിട്ട് വരുന്നു നമ്മൾ ലോകത്തിൽ സാധാരണ ആനന്ദമായിട്ടുള്ളവരെ കാണുകയേയില്ല നമുക്കത് വളരെ വിരളമാണ് എല്ലാവരുടെയും മുഖത്തും നോക്കിയാൽ വളരെ സീരിയസ്നെസ് ആണ് രാവിലെ നോക്കൂ ഓഫീസിലേക്ക് പോകുന്നവരും വരുന്നവരും എത്ര കാര്യം എത്ര മുഖത്തിൽ എത്ര ഗൗരവമാണ് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്തൊക്കെ ചുമതലകളുണ്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ട് ആ ഒരു ബാഗും കക്ഷത്തിലും ഒതുക്കി പോകുമ്പോൾ ബോംബെയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എലക്ട്രിക് ട്രെയിനിലും ഒരിക്കലും പോയിട്ടും നോക്കണം പോയിട്ടില്ലെങ്കിൽ പോകണം അതൊരു അനുഭവമാണ് നല്ല സഹകരണമാണ് നിന്നാൽ അവർ തന്നെ കയറ്റി വിടും അവർ തന്നെ ഇറക്കിയും വിടും അന്തരക്കിലെ അന്ത കൂട്ടത്തിന് നടുവില സന്യാവന്തരം പണിക്കാ കായികപ്പാ എല്ലാവരും തരും ബോംബേക്കാരെല്ലാം ഇരിക്കില്ലേ നിങ്ങൾ അത് ഒരു സാംരാജ്യം കാത്താലും രാത്രി വേറെ അതിലേ നടന്നിട്ട് ഇപ്പ അന്ത മാി ഓട്ടം അന്ത ജനമധ്യത്തിൽ ഇവർ വന്ന് എതുമേ തനക്ക് പില്ലാതെ ഒരു മൂഡ് വന്നിട്ട് ഇന്ന് അവതൂത സ്വതന്ത്രം യാതൊന്നും ചെയ്യാതെ ഇല്ല സസ്വരാട് ഭവതി സർവേശു ലോകേഷു കാമചാരോ ഭവതി ശ്രുതി ചലത് അവൻ സ്വാരാജ്യ സിംഹാസനത്തിൽ ഉടക്കുന്ന ചക്രവർത്തി മാതിരി ഇരുപ്പം അവൻ കയ്യിൽ ഒന്നുമേ ഇല്ല ബിക്ഷു ആ ഭക്ഷുവോട് ഭാവം എവിടെ ഇത് നാ ചക്രവർത്തി മാതിരി ഇപ്പോൾ ഏൻ അവ സർവേശു ലോകേഷു കാമചാരോ ഭവതി എവിടെ വേണമെങ്കിലും യാതൊരു തടസ്സം യാതൊരു ബന്ധം സന്തോഷമായിട്ട് വരുന്നു ആ സന്തോഷം കണ്ടപ്പോ രാജാവിന് ആശ്ചര്യം എത്രയോ ദൂരത്തു നിന്നാണ് നോക്കുന്നത് പക്ഷെ ഇറ്റ് ഈസ് കണ്ടേജിയസ് അവിടുന്ന് ഈ ആനന്ദം ഇങ്ങനെ പടർന്നു പടർന്നു പടർന്നു പടർന്നു വരുന്നു കാണുമ്പോൾ തന്നെ രാജാവിന് ആനന്ദം തോന്നുന്നു സന്തോഷം തോന്നുന്നു ശാന്തി തോന്നുന്നു രാജാവ് അദ്ദേഹത്തിന്റെ കണ്ണിനെ നോക്കിയത്രേ ഇതൊക്കെ മഹാത്മാക്കളുടെ വ്യാഖ്യാനം അവരുടെ ഭാവം അവരുടെ അനുഭവമാണ് രാജാവ് ആ വധൂതന്റെ ദൃഷ്ടി നോക്കി ദൃഷ്ടി കണ്ണു തുറന്നിട്ടുണ്ടെങ്കിലും ഒന്നും കാണുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ അലോകദൃഷ്ടി എന്നാണ് ആലോകദൃഷ്ടിയുമാണ് അലോകദൃഷ്ടിയുമാണ് ആലോകം എന്ന് വെച്ചാൽ പ്രകാശം ആ ദൃഷ്ടിയിലൊരു പ്രകാശമുണ്ട് അലോകദൃഷ്ടി ദൃഷ്ടി ലോകമേ ഇല്ല എവിടെയോ നോക്കുന്ന തദ്വിഷ്ണോ പരമം പദം സദാ പശ്യന്തി സൂരയ ദിവീവദക്ഷുരാതം വേക്കൻ സ്പേസ് പാക് മാതിരി വിഷ്ണോഹോ പരമം പദം സദാ പശ്യ ആ സന്തോഷമായ അവസ്ഥയിൽ രാജാവ് ഇറങ്ങി വന്ന് നമസ്കരിച്ചു ഹേ പ്രഭു ഭഗവൻ അവിടുന്ന് ആരാണ് കുതോ ബുദ്ധിരിയം ബ്രഹ്മന് അകർത്തു സുവിശാരദാം ഭവാൻ ലോകം വിദ്വാൻ ശരതി ബാലവത് അങ്ങനെ കണ്ടാൽ അങ്ങ് വിദ്വാനാണെന്ന് അറിയുന്നുണ്ട് അറിയേണ്ടത് അറിഞ്ഞ ആളാണ് എന്നാലും കൊച്ചുകുട്ടിയെ പോലെ സ്വതന്ത്രമായിട്ട് നടക്കണമല്ലോ ഇതെങ്ങനെ സാധിക്കുന്നു വിദ്വാൻ ശരതി ബാലവത് ലോകത്തിൽ ഞാൻ കാണുന്ന ആളുകളൊക്കെ ധർമ്മത്തിലോ അർത്ഥത്തിലോ കാമത്തിലോ ആസക്തരായിട്ടിരിക്കുകയാണ് ധർമാർത്ഥ കാമേഷു വിവിത്സാശമാനവ ഹേതുനൈവ സമീഹന് ആയുഷഹ യശസശ്രിയ ലോക എന്തെങ്കിലുമൊക്കെ കർമ്മം ചെയ്ത് ഞങ്ങൾക്ക് ആയുർബലം ഉണ്ടാവണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രസിദ്ധി ഉണ്ടാവണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ധാരാളം ധനലാഭം ഉണ്ടാവണം അതിനുവേണ്ടി അവർ കർമ്മം ചെയ്യും യാഗം ചെയ്യും യജ്ഞം ചെയ്യും പൂജ ചെയ്യും സങ്കൽപ്പം ചെയ്യും ഞങ്ങൾക്ക് ഇന്നത് വേണം എന്ന് ആഗ്രഹിക്കും ഇങ്ങനെയുള്ള ആളുകളെയാണ് ഞാൻ ലോകത്തിൽ കാണുന്നത് അവിടുന്ന് ആവട്ടെ യുവാവാണ് കർമ്മത്തിൽ യാതൊന്നിലും കൊടുങ്ങാത്ത സ്വതന്ത്രനാണ് സുഭക കാണാനോ സുന്ദരനാണ് അമൃത ഭാഷണ വാക്കുകൾ അമൃതം പോലെയുണ്ട് അമൃതം പോലെ ഉണ്ട് എന്ന് വെച്ചാൽ എന്താ മധുരമായിട്ടിരിക്കണമെന്നല്ല അർത്ഥം ആ വാക്ക് കേൾക്കുന്നവർക്ക് അമൃതാനുഭവം ഉണ്ടാവണം അതാണ് അമൃത ഭാഷണ സുഭഗോ എന്ന് വെച്ചാൽ കേൾക്കുന്ന ആളുകൾക്ക് ഓരോരുത്തർക്കും താനമൃതനാണ് തനിക്ക് മരണമില്ലാത്ത ആത്മാവാണെന്നുള്ള അനുഭവം ഉണ്ടാക്കുന്ന വാക്കുകളായിരിക്കുന്നു സുഭഗോ അമൃത ഭാഷണ നേഹസേ താങ്കളായിട്ട് ഒന്നും ചെയ്യണമില്ല എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല എന്നിട്ട് ലോകത്തിൽ സഞ്ചരിക്കണതോ ജഡോന്മത്ത പിശാചവത്ത് ഒന്നും അറിയാത്ത മന്ദനെ പോലെയും ഉന്മാദം പിടിച്ചവനെ പോലെയും പിശാസിനെ പോലെയൊക്കെ അങ്ങ് സഞ്ചരിക്കുന്നു ലോകത്തിൽ ലോകത്തിലുള്ള ആളുകളൊക്കെ കാട്ടുതീയിൽപ്പെട്ട മൃഗങ്ങളെ പോലെ കത്തിയരിഞ്ഞുകൊണ്ടിരിക്കുന്നു കാമലോ കാട്ടിൽ കാട്ടുതീ പിടിക്കുമ്പോൾ ആന വെള്ളത്തിലിറങ്ങി നിൽക്കും ഈ ചൂട് ബാധിക്കാതെ അതുപോലെ ഈ കൂട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് കുളിർമ്മയായിട്ട് ശീതളമായിട്ടിരിക്കുന്നു ഈ ശീതളത്തെ എവിടുന്ന് വന്നു എങ്ങനെ കിട്ടി പറയാമെങ്കിൽ പറഞ്ഞു തരും ത്വം ഹീന പ്രച്ചതാം ബ്രഹ്മൻ ഭ്രൂഹി ആനന്ദ കാരണം ആത്മനി ആനന്ദ കാരണം ഭൂഹി സ്പർശവിഹീന ഭവതാ കേവലാത്മനാ എപ്പടി ആനന്ദ അത് ആനന്ദത്തോട് സീക്രട്ട് എന്നല്ലിക്കൊടുങ്ങോ എപ്പിടി ലോകത്തിലെ നമ്മ ഭഗവാൻ വന്ന് നമ്മളെ സൃഷ്ടി പണിരിക്ക ആനന്ദക്ക് ആ നമ്മ ആനന്ദോകോ ആനന്ദുത കൊണ്ട കഴിഞ്ഞാ ഒരു കൂട്ടിലും പോയിട്ട് നമ്മുടെ എടുത്തു ആനന്ദ പോയി ആരോഗ്യമേ അപടി ആരോഗ്യമാക്കുന്നത് ഇസ് അന്നാച്ചുരൽ ഇപ്പൊ അപിയായിട്ട് ഒരുത്ത പോയി അവർക്ക് ഒന്നുമേ വരലോ ഉള്ള ഹാർട്ട് അട്ടാക്ക് വരമാട്ടു ഉം ഏത് കെൻസറെ വരമാട്ടത് കേട്ടാൽ എപ്പിരുക്കും അത് മാതിരി തന്നെ ഇങ്ങനെ കേക്കരുത് ആനന്ദ ഏക്കീൽ ഉണ്ടുക്കമേ വരമാട്ടേങ്ക ഇറ്റ് ഇസ് അന്നേച്ചുറൽ സന്തോഷം നമ്മൾ സ്വരൂപമാർന്നാലും ലോകത്തിലെ അത്ര ആക്രമം എക്രമണമെന്ത് വിഷയങ്ങളോട് അട്ടാക്ക് അത്ര ഇത് അതിനാൽ മനസ്സം ആയിട ബാധിക്കപ്പെട്ട വിടുന്നത് അശുദ്ധി ആയിടുന്നത് അതിനാൽ സ്പർശവിഹീനസ്യ അസ്പർശയോഗത്തിൽക്കാറാമവർ എല്ലാത്തിനും നടുവിലിരുന്ന് പറ്റില്ലാമറുക്കാറ് ലോകത്തിലെല്ലാം ചെയ്യുമ്പോൾ ഒട്ടാതെ ഇരിക്കണം ചക്കം മുറിക്കുമ്പോൾ എണ്ണ തേച്ചാൽ ഓട്ടില്ല അല്ലെങ്കിൽ കയ്യിലൊട്ടും മുഖത്തൊട്ടും എല്ലായിടത്തും ഒട്ടും കയ്യിലെ എണ്ണ തേച്ചിട്ടാണ് ചക്കം മുറിക്കണതെങ്കിലോ ഓട്ടില്ല അതുപോലെ ലോക ചെയ്യുമ്പോഴും അസ്പർശയോഗോ വൈനാമ സർവസത്വ സുഖാവഹ യോഗിനോ ബിഭ്യദേഹി അസ്വിൻ അഭയേ ഭയദർശന അസ്പർശയോഗം എന്നാണ് സ്പർശമില്ലാത്ത യോഗസ്ഥിതി ആ യോഗസ്ഥിതിയിലിരിക്കുന്നു എനിക്ക് പറഞ്ഞുതരൂ എന്ന് ചോദിച്ചപ്പോ ദത്താത്രേയ ഭഗവാൻ തന്റെ ഗുരുക്കന്മാരെ എണ്ണി എണ്ണി ഓരോരുത്തരായി ഇരുപത്തിനാല് പേരെ പറഞ്ഞു രാജൻ ഞാൻ പലരിൽ നിന്നും ഉപദേശം സ്വീകരിച്ചു അതിൽ പ്രധാനമായി ഇരുപത്തിനാല് പേർ അത്രയുള്ളൂ അനേകം ഗുരുക്കന്മാരുണ്ട് പ്രധാനമായി ഇരുപത്തിനാല് പേരെനിക്ക് വഴി കാണിച്ചു തന്നു സി മേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപ്രിതോ ബുദ്ധിമുപ മുക്തോടാമീഹ താ ശൃണു പൃഥിവായുരാശം ആപോക്രി ചന്ദ്രമാ രവി കപോതോ അജഗര സിന്ധു പതംഗോ മധുഗർഗജ ഹരിണോ മീനഃ പിളാ കുരരോർഭകുമാരീ ശരകൃത് സർപ്പ ഊർണനാഭി സുപേശകൃത് എ ഗുരവോ രാജൻ ചുർവിംശതിരാശ്രിത ഇരുപത്തിനാല് പേർ ഓരോരുത്തരെയും പടിപ്പടിപ്പടിയാ പാതിന് വരലാം